അള്ളാഹുസുബഹാനഹുവല ഒരാൾക്ക് വേദഗ്രന്ഥവും വിധികർത്തൃത്വവും പ്രവാചകത്വവും നൽകി പിന്നീട് അള്ളാഹുസുബഹാനഹൂവത്തയാലയെ വിട്ട് എനിക്ക് അടിമകളാകൂ എന്ന് ജനങ്ങളോട് പറയാൻ ഒരു മനുഷ്യനും സാധ്യമല്ല മറിച്ച് നിങ്ങൾ വേദഗ്രന്ഥം പഠിപ്പിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾ സൽഗുണസമ്പന്നരായ പണ്ഡിതന്മാരാകുക